സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിട്ടല്ലാതെ നാം ദൂതന്മാരെ അയക്കാറില്ല എന്നാൽ സത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സത്യനിഷേധികൾ അസത്യം ഉപയോഗിച്ച് തർക്കിക്കുന്നു എന്റെ ദൃഷ്ടാന്തങ്ങളെയും അവർക്ക് നൽകപ്പെട്ട താക്കീതുകളെയും അവർ പരിഹാസമാക്കി മാറ്റി